न प्रहष्येयं प्राप्य प्राप्य, नोज्विजे चाढ़ो न प्रहृष्येत प्रिय प्राप्य न उद्विजे च्रिय स्थिबुद्धि असमू ब्रह्म विद्रमणि स्थि ന പ്രഹർഷേത് പ്രഹർഷത് ഇഷ്ടം പ്രാപ്യജേത് അപ്രിമനി ദേഹമാത്രാത്മദർശി ഹി പ്രിയാപ്തൗ ഹർവിഷാദത്മദർശി താപ്യസംഭവാചന സംവാദം രോചന പ്രജാപതി സംവാദത്തിൽ ശാന്തോഗ്യോപനിഷത്തിൽ അവസാനം പ്രജാപതി ഇന്ദ്രന് ഉപദേശിക്കുമ്പോ പറയണതാണ് അശരീരം വസന്തം നിയാപ്രിയേ സ്പൃശത ന സശരീര സതഹ അപഹതിരസ്തി ശരീരം ഞാനാണെന്ന് ധരിച്ചിരിക്കുന്നിടത്തോളം നമ്മൾക്ക് പ്രിയാപ്രിയം വിട്ടുപോകില്ല എന്ന് ത് പ്രിയവും ശരീരത്തിന് ദുഃഖമായിട്ടുള്ളത് അപ്രിയവുമായി തീരുന്നത് നാച്ചുറലാണ് അതില്ലാതാവാൻ പറ്റില്ല എപ്പോഴാണോ ഒരാള് അശരീരിയായിട്ട് ഇരിക്കുന്നത് എന്ന് വെച്ചാൽ ശരീരം താനല്ലെന്നിരിക്കുന്നത് അപ്പൊ അവന് ഹർഷം ശോകം ഒക്കെ വിട്ടുപോയി ന പ്രഹൃഷിയേത് പ്രിയം അതിനുള്ള ഒരു പ്രാക്ടീസായിട്ട് ഭഗവാൻ പറയുകയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിലും പ്രിയമായിട്ട് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ശരി അനുഭവിച്ചോളൂ പക്ഷേ ന പ്രഹർഷം കുര്യാത്ത് ആ കിട്ടുന്നത് കിട്ടുമ്പോൾ തന്നെ അറിഞ്ഞോളാം എപ്പോ വേണമെങ്കി പോവാം ന പ്രഹർഷ്യേത് പ്രിയം പ്രാപ്യ പ്രിയമായി എന്തെങ്കിലും ഉണ്ടാവുമ്പോ ന പ്രഹർഷ്യേത് പ്രഹൃഷേ പ്രിയം പ്രാപ്യ നോദ്വിജേത് പ്രാപ്യ അപ്രിയം ഇത്തിരി എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോ ചില ആളുകൾക്ക് വല്ലാതെ കൊടപിടിക്കുന്നു അല്ലെ ഇത്തിരി പണം കിട്ടിക്കഴിഞ്ഞാൽ വല്ലാതെ അഹങ്കാരം ഉണ്ടാവും അംബരീഷ ചരിത്രത്തിൽ ഭാഗവതത്തിൽ പറയുന്നു അക്ഷയമായ വിത്തം ഉണ്ടായിരുന്നിട്ടും എടുത്താ പണം ഉണ്ടായിരുന്നിട്ടും അതൊക്കെ അംബരീഷൻ വ്യവഹരിച്ചു രാജ്യകാര്യങ്ങളൊക്കെ ചെയ്തു ഭംഗിയായിട്ടെല്ലാം ചെയ്തു അങ്ങനെ ചെയ്യുമ്പോഴും ഇതൊക്കെ തന്നെ വെറും സ്വപ്നം പോലെയാണ് നിലച്ചു നിൽക്കാത്ത വസ്തുക്കളാ എന്ന് അറിഞ്ഞുകൊണ്ടാണ് അത്ര വ്യവഹരിച്ചത് അതുകൊണ്ട് അതൊന്നിലും പ്രിയം ഹർഷം ഒന്നും ഉണ്ടായിരുന്നില്ല അല്പന് സ്വല്പം കിട്ടിയ എന്താ പറയുക പാതിരയ്ക്ക് കൊട പിടിക്കുന്ന രാമകൃഷ്ണ പറഞ്ഞു രാമകൃഷ്ണ പരമഹംസരുടെ ഒരു ശിഷ്യനെത്തിരി പണം ഉണ്ടായപ്പോ വലിയ അഹങ്കാരുണ്ടായി അപ്പൊ അയാളെ കളിയാക്കിക്കൊണ്ട് രാമകൃഷ്ണദേവൻ പറഞ്ഞു ഒരു കഥ ഒരു തവളയ്ക്ക് ഒരു നാലെണ്ണ കിട്ടിയത്ര ഒരിക്കല്ലോ തവളയ്ക്ക് നാലെണ്ണയ്ക്ക് എന്ത് സംബന്ധം തവളക്ക് എന്ത് ചെയ്യും എന്നാൽ അഭിമാനം വന്നു എന്നാണ് നാലെണ്ണ കിട്ടിയപ്പോ ആ നാലെണ്ണ കൊണ്ടുപോയിട്ട് അതിന്റെ പൊത്തിന്റെ ഉള്ളിൽ കൊണ്ടുവച്ചിട്ട് വളരെ ഗൗരവമായിട്ട് ഇടുപ്പിൽ കൈവച്ച് പൊത്തിന്റെ വെളിയിൽ ആരെങ്കിലും തന്നെ സല്യൂട്ട് അടിക്കാൻ വരുന്നുണ്ടോ എന്ന് നോക്കിയത്രയും അപ്പൊണ്ട് വലിയൊരു ആന നടന്നു വരണോ എന്നാൽ ഉള്ളിലുണ്ടല്ലോ അപ്പൊ ആ നാലെണ്ണയ്ക്ക് തനിക്ക് സല്യൂട്ട് കിട്ടണം അപ്പൊ ആന വരുമ്പോ തവളയെ ശ്രദ്ധിക്കാതെ പോയി ആന തവളയ്ക്ക് ദേഷ്യം വന്നിട്ട് ചാടിപ്പോയിട്ട് ആനയെ ഒരു അടി കൊടുത്തു അത്രയും ആനയ്ക്ക് അറിഞ്ഞതേ ഇല്ല ഇടയിൽ കൂടിയാണ് ആന വാലുകൊണ്ട് ഇങ്ങനെ ഒരു തട്ട് തട്ടിട്ടവണ ചവിട്ട ചവിട്ടിക്കൊണ്ട് ആന പോവുകയും ചെയ്തു അപ്പോ ഒരു നാലെണ്ണ കിട്ടിയാൽ തവളയ്ക്ക് പോലും അഭിമാനം വരുന്നാണ് അപ്പോ സ്വല്പം കിട്ടിയാൽ മതി എന്നാണ് അങ്ങനെ ഇരിക്കുമ്പോ നമ്മുടെ ഭഗവാൻ പറയണത് പ്രഹിഷേത് പ്രിയം പ്രാപ്യ എത്ര വലിയ സ്ഥാനം കിട്ടട്ടെ എന്തൊക്കെ തന്നെ കിട്ടട്ടെ അതില് വലിയ ഹർഷമൊന്നും വേണ്ട ചില ആളുകളൊക്കെ അങ്ങനെ ഉണ്ട് ലോകത്തിൽ നമ്മളിങ്ങനെയൊക്കെ പോലോസഫി ആയിട്ട് പറയണു ചിലർക്ക് സഹജമാണത് ചിലർ അത്ഭുതമായിട്ട് കാണുമ്പോ നമുക്ക് തന്നെ വളരെ ബഹുമാനം തോന്നും ചില ആളുകളുണ്ട് ലോകത്തിൽ വലിയ വലിയ പൊസിഷനിലിരിക്കും വലിയ വലിയ സ്ഥാനങ്ങളിലായിരിക്കും നാച്ചുറലായിട്ട് തന്നെ അവര് അതിനെക്കുറിച്ച് കോൺഷ്യസായി അല്ല അഭിമാനരഹിതരാണ് അവർ അതുകൊണ്ട് തന്നെ അവരുടെ പ്രവൃത്തി മണ്ഡലത്തിലേക്ക് ഒരു അസാമാന്യമായ പ്രഭാവം ഉണ്ടാവും അവരേത് സ്ഥാനത്തിലിരുന്നാലും അഭിമാനികളല്ലാതിരിക്കും എന്തൊക്കെ തന്നെ വന്നാലും അവരതൊക്കെ സ്വീകരിച്ചു കൊള്ളും പ്രിയമായി എന്തൊക്കെ കിട്ടിയാൽ അവർ സ്വീകരിച്ചു കൊള്ളും ന പ്രഹർഷ്യേത് പ്രിയം പ്രാപ്യ ന ഉദ്വിജയത്ത് പ്രാപ്യിച്ച അപ്രിയം പ്രിയം കിട്ടുമ്പോ ഒരാള് വളരെയധികം തുള്ളില്ലെങ്കിൽ അപ്രിയം കിട്ടുമ്പോ അയാൾക്ക് ദുഃഖം ഉണ്ടാവില്ല പ്രിയവും അപ്രിയവും ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും എന്ത് സുഖം വരുമ്പോഴും നമുക്ക് കുറച്ചു കഴിഞ്ഞാൽ പോയിപ്പോകും ഈ ഒരു അറിവ് വെച്ചാൽ തന്നെ മതി ഈ ഒരു അറിവ് വെച്ചുകൊണ്ട് ജീവിച്ചാൽ തന്നെ മതി അധികം തുള്ളൊന്നും വേണ്ട പോകും നോദ്വിജയ പ്രാപ്യ ചാപ്രിയം സ്ഥിരബുദ്ധി സ്ഥിരബുദ്ധിയായിട്ടിരിക്കുക എന്നാണ് സ്ഥിരബുദ്ധി സർവഭൂതേഷു ഏക സമ നിർദോഷ ആത്മാ ഇതിഥിരാ നിർവിചികിത്സാ ബുദ്ധി യഥിരബുദ്ധി എല്ലാരിലും ഒരേ ആത്മവസ്തുവാണ് ഉള്ളത് ആ വസ്തുവാണ് തന്നിലുമുള്ളത് ആ ഭഗവാനാണ് തന്നിലുള്ളത് പരമാത്മാവാണ് തന്നിലുള്ളത് എന്നുള്ള ദർശനത്തിൽ സ്ഥിരബുദ്ധി അതുകൊണ്ട് തന്നെ നിത്യനിരന്തര ഭഗവത് ഭജനമാണ് അയാൾക്ക് അയാൾക്ക് അതിലല്ലാതെ വരൊന്നിലും ശ്രദ്ധയില്ല ലോകത്തിൽ അയാളെ ആരാരാധിച്ചാലും ശരി നിന്ദിച്ചാലും ശരി സാധുവി പൂജ്യമാനേവി പീഢ്യമാനേവി ദുർജനൈ സമഭാവോ ഭവേദ്യ സജീവൻ മുക്ത ലക്ഷണമാണ് പൂജിക്കട്ടെ നടുവിൽ അയാള് ഭഗവത് ഭജനത്തിൽ ഭക്തിയിൽ ശ്രദ്ധിച്ചുകൊണ്ട് നിത്യനിരന്തരമായി പരമാത്മ ഭജനത്തിൽ ഭഗവത് ഭജനത്തിൽ ശ്രദ്ധ വെച്ചുകൊണ്ട് അയാൾ അസമ്മൂഢ സമ്മോഹവർജിത സാത് എന്നാണ് ഒരു വിധത്തിലും അയാൾക്ക് മോഹമില്ല അയാൾ മൂഢനല്ല മോഹം എന്താണ് ജടവസ്തുക്കളൊക്കെ നിത്യമാണെന്ന് കരുതിയുള്ള ഭ്രമമാണ് മോഹം ആ മോഹം അയാളെ ബാധിക്കണില്ല ബ്രഹ്മവി ബ്രഹ്മണിസ്ഥിത അയാൾ പ്രകൃതിസ്ഥിതനല്ല ബ്രഹ്മസ്ഥിതനാണ് പ്രകൃതിസ്ഥിതൻ സ്വസ്ഥനല്ല പ്രകൃതിസ്ഥോ ഹി ഭുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ കാരണം ഗുണസംഗോസ്യ സതസദ്യോനി ജന്മസു എന്ന് ഗീതയിൽ ഭഗവാൻ തന്നെ പറയുന്നു പ്രകൃതിസ്ഥനായ പുരുഷൻ പ്രകൃതിയിലെ സത്വം രജസ്തമസ് എന്നുള്ള ഗുണങ്ങളെ ഭുജിച്ചുകൊണ്ട് ജന്മജന്മങ്ങളായി ചുറ്റിക്കൊണ്ടിരിക്കും സ്വസ്ഥനായ പുരുഷൻ പ്രകൃതിയാൽ ബാധിക്കപ്പെടാതിരിക്കും അതുകൊണ്ട് ഇയാൾ സ്വസ്ഥനാണ് തന്നിലിരിക്കണവനാണ് തന്നിലേ തന്നാലേ തന്നിലവർ തന്നയെ ഉണ്ണിട വേണ്ടും ഗുണർ ഉള്ളേ എന്ന് രമണഭഗവാനോട് അടുത്ത് പാടി തന്നിൽ തന്നെ കൊണ്ട് തന്നെ തന്റെ സ്വരൂപത്തിൽ ഒരു ചലനമില്ലാതിരിക്കുന്നവനാണ് സ്ഥിരബുദ്ധി അസമ്മൂടോ ബ്രഹ്മവി ബ്രഹ്മണി സ്ഥിത അങ്ങനെയുള്ള ആള് സ്പർശമില്ലാത്തവനാണ് തൊട്ടുകൂടായ്മ ഉണ്ടായർക്ക് തൊട്ടുകൂടായ്മ ഐത്തം എന്തിനോട് ഐത്തമാണെന്ന് വെച്ചാൽ തൊട്ടുകൂടായ്മ വേണമെന്നാണ് വേദാന്തം എന്തിനെ തൊട്ടുകൂടായ്മ തൻ്റെ തന്നെ ശരീരത്തിനെ തൊടാതെ നിൽക്കുകയാണ് തൻ്റെ തന്നെ പേഴ്സണാലിറ്റിയെ തൊടാതെ നിൽക്കുകയാണ് അവൻ അസ്പർശയോഗിയാണ് ആ ശരീരം താനാണെന്ന് അകമയ്ക്ക് സ്പർശമില്ലാതിരിക്കുകയാണ് അവൻ അപ്പൊ പിന്നെ അവന് ബാഹ്യശരീര മറ്റ് സ്പർശ ശരീരസ്പർശങ്ങളൊന്നും അയാൾക്ക് ദോഷം വരില്ല തന്റെ ശരീരത്തിനൂടെ അയാൾക്ക് സ്പർശമില്ല ആ അസ്പർശയോഗം ചില കുടുക്കയിലുള്ള പോലെ തേങ്ങ കൊട്ട തേങ്ങയായി കഴിഞ്ഞാലേ കുലുക്കിക്കഴിഞ്ഞാൽ ഉള്ളില് കുടുകൂടൂന്ന് ശബ്ദം കേൾക്കും അതുപോലെ ഇയാള് കുലിക്കിയാലും ശബ്ദം വരും എന്താ ഉള്ളിൽ വിട്ടുകഴിഞ്ഞു എന്ന് അർത്ഥം ഉർവാരുമി വന്ധനാത് അങ്ങനെയുള്ള ആളെ കുറിച്ചാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയണത് നോക്ക ബാഹ്യസ്പർശേഷത്മാ വിന്ദത്മനിയത്സുഖം സബ്രഹ്മോഗയുക്താത്മാ സുഖമക്ഷയമശ്നുതേ അക്ഷയം സുഖം അശ്നുത്തെ ക്ഷയമില്ലാത്ത സുഖത്തിനെ അവൻ അനുഭവിക്കുന്നു സുഖമക്ഷയമെ എന്താണ് അക്ഷയം സുഖം അനുഭവിക്കുന്നത് സുഖം എല്ലാരിലുമുണ്ട് അല്ലെ സുഖമില്ലാത്തവരാര ഉള്ളിലും സുഖമുണ്ട് പക്ഷെ നമ്മൾ വിചാരിക്കണം പായസത്തിലാണ് സുഖം ഭർത്താവിലാണ് സുഖം ഭാര്യയിലാണ് സുഖം കുട്ടിയിലാണ് സുഖം പേരു പ്രസിദ്ധിയിലാണ് സുഖം എന്നൊക്കെ വിചാരിക്കുന്നു ആ വസ്തുക്കളൊക്കെ സുഖം തരുന്നുണ്ട് വാസ്തവം ആ വസ്തുക്കളെ ഒരു കാരണമായി വെച്ചുകൊണ്ട് സുഖം എവിടെയാണ്ടാവണത് എന്നിലാണ് സുഖം അനുഭവിക്കുന്നത് സുഖം ഊറി വരുന്നത് ഉള്ളിൽ നിന്നാണല്ലോ അപ്പൊ സുഖം എല്ലാവരിലുണ്ട് പക്ഷേ ക്ഷയം സുഖം ആ സുഖമൊക്കെ തന്നെ ബയോളജിക്കൽ ജോയ് സൈക്കളോജിക്കൽ ജോയ് ഇന്റലക്ച്വൽ ജോയ് ഓൾ ദീസ് തിങ് ഓൾ ദീസ് ജോയ്സ് ഗെറ്റ് എക്സോസ്റ്റഡ് There is a source of inexhaustible joy. Biological energy, bioenergy, psychic energy. It is okay. depleted. Thirnubo. Thirnubo vath uru urjath in the ura veda maana avyayam. Ennu paranatha paguma. Haan avyayath in a yada eppov sambandha padnu vahiyas parisheshu asaktatma vindati atmani etsukham. ബാഹ്യസ്പർശങ്ങളിൽ സ്പർശം എന്ന് വെച്ചാൽ കോണ്ടാക്ട് സ്പശ്യന്തി സ്പർശാഹ ഇന്ദ്രിയ വിഷയാഹ വിഷയങ്ങളോടൊക്കെ തന്നെ എല്ലാത്തിനും നടുവിലിരിക്കുമ്പോഴും അസക്ത ആത്മാ അന്തഃക്കരണം എസ് അയം അസക്താത്മാ മനസ്സുകൊണ്ട് വിഷയങ്ങളോട് സംബന്ധപ്പെട്ട് വിഷയങ്ങളെ സങ്കൽപ്പിച്ച് വിചാരം ചെയ്ത് അത് വേണമെന്ന് ആഗ്രഹിച്ച് ഇങ്ങനെയൊന്നും ചെയ്യാത്ത വിഷയങ്ങളെ ധ്യാനിച്ചാൽ വേണമെന്ന് തോന്നും കിട്ടിയിട്ടില്ലെങ്കിൽ കോപം വരും കോപം ബുദ്ധിഭ്രമം ഉണ്ടാക്കും പതുക്കെ ഉള്ളിലുള്ള ശാന്തി നഷ്ടപ്പെടും ഭഗവാൻ ഇതൊക്കെ രണ്ടാമധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് ധ്യായോ വിഷയാൻ പുംസഹ സംഗസ്തേഷൂ ഉപജായത്തെ സംഘാത് സഞ്ജായത്തെ കാമ കാ കാമാത്ോധോപജായ ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹാത് സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശ ബുദ്ധിനാശാത് പ്രണശ്യ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പതുക്കെ പതുക്കെ പതുക്കെ ചോട്ടിൽ വന്നു ഡണ്ടൻ ഡൻ ഡണ്ട ഡിട്ടുണ്ടോ കാളിദാസൻ എഴുതിയ ഒരു ശ്ലോകമാണത് രാജാവ് വെറുതെ പദപ്രശ്നം കൊടുത്തു ലാസ്റ്റ് ലൈൻ മാത്രം കൊടുത്തു ഡണ്ടൻ ഡൻ മൂന്ന് ലൈൻ എഴുതണം കാളിദാസൻ എഴുതിയെന്നാണ് കാളിദാസൻ എങ്ങനെയാണ് എഴുതുക എന്ന് നടക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു സ്വർണ്ണക്കുടമൊക്കെ എടുത്തിട്ട് കുളത്തിൽ നിന്ന് വെള്ളമെടുത്തുകൊണ്ട് പടി പടി പടിയായി മോളിൽ കയറി മോളിലെത്തിയപ്പോ ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് കുടം ചോട്ടിൽ വിടും അത് മുഴുവൻ ഒരു ശ്ലോകമാക്കി രാജ്യാഭിഷേകേ മതവിഹ്വലായാഹ ഹസ്തച്ഛുതോ ഹേമഘട തരുണ്യ സോപാനമാസാദ്യ കരോതി ശബ്ദം ഡണ്ടൻ ഡ ഡൻ ഡണ്ട ഡണ്ടൻ മുകളിൽ നിന്ന് ചോട്ടലെ പടപെടാന്ന് വീഴും അപ്പൊ എങ്ങനെയാ അപ്പോ സുഖം പുറം വിഷയങ്ങളിലാണെന്ന് കരുതുമ്പോ അത് തീർന്നു പോകുന്നു അക്ഷയം സുഖം എന്നാണ് അവിടെ ഭഗവാൻ പറഞ്ഞത് തീരാത്ത സുഖം അത് എപ്പോ വരുന്നു എന്ന് വെച്ചാൽ വിഷയങ്ങളെ സങ്കൽപ്പിക്കാതെ മനസ്സ് അന്തർമുഖമാവുന്നു ബുദ്ധി അതിൽ സ്ഥിരമാവുന്നു താൻ ആത്മാവാണെന്ന് അറിയുന്നു അതിൽ തന്നെ നിഷ്ഠനായി തീരുന്നു അങ്ങനെയൊക്കെ ആത്മാവിൽ തന്നെ അവൻ രമിച്ചു കൊണ്ടിരിക്കുന്നു സദാ ആത്മധ്യാനനിരതനായിട്ടിരിക്കുന്നുവോ വിഷയങ്ങളിൽ നിന്നും പരാമുഖനായിട്ടിരിക്കുന്നുവോ അങ്ങനെയുള്ളവൻ ബ്രഹ്മയോഗത്തിൽ ഇരിക്കുന്നവനാണ് ബ്രഹ്മയോഗം എന്ന് ഭഗവാൻ പേര് പറഞ്ഞു ബ്രഹ്മയോഗം എന്ന് വെച്ചാൽ ബ്രഹ്മത്തിൽ ചേർച്ചയോടെ ഇരിക്കുന്നവൻ താൻ തന്നിൽ തന്നെ ഇരിക്കുന്നവൻ ബ്രഹ്മത്തിനോട് ചേരേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളതാണ് വിഷയങ്ങളോടുള്ള സംഗം വിട്ടാൽ മതി സംഗം സംഘം വിട്ടാൽ അത് പ്രകാശിക്കും ബ്രഹ്മയോഗ യുക്താത്മാ അക്ഷയം സുഖം അഷ്ണു എടുത്താ സുഖം എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ഉറവിടം അവിടെയുണ്ട് ഒരു കുമള മേലെ സമുദ്രത്തിന്റെ മേലെ നർത്തനം ചെയ്യുകയും ഒക്കെ ആ കുമിള അല്പമാണ് ആ കുമള പൊട്ടി സമുദ്രത്തിൽ വീണാലോ അനന്തമായി അല്ലെ അതേപോലെ ഞാൻ എന്ന വ്യക്തിത്വം നിന്നുകൊണ്ട് സുഖം അനുഭവിക്കുന്നവരെ അല്പമാണ് ആ വ്യക്തിത്വം അതിന്റെ മൂലത്തിലേക്ക് വീണ് കഴിയുമ്പോ അവിടെ ഭൂമാവാണ് ഭൂമാവൈ സുഖം സുഖമസ്തി അതാണ് അക്ഷയം സുഖം എന്ന് പറഞ്ഞാൽ ഭൂമാ എന്നർത്ഥം അനന്തം എന്നർത്ഥം ആ അനന്തത്തിൽ അന്യമായിട്ടൊന്നുമില്ല രണ്ടാമതൊരു വസ്തുല്ല എത്രനാ അന്യത് പശ്യതി നാ സഭൂമാ എത്ര അന്യത് പശ്യതി അന്യത് ശൃണോതി അന്യത് വിജാനാതി തദൽപ്പം ഭൂമാവൈസുഖം അൽപേ സുഖമസ്തി എന്നൊക്കെ നാരദമഹർഷിക്ക് സനത്കുമാരൻ ചാന്ദൂകി ഉപനിഷത്തിൽ ഉപദേശിച്ചതിനെയാണ് ശ്രീനാരദ മഹർഷി ഭക്തിമാർഗമായി സൂത്രിച്ചു വയ്ക്കുകയും നാരദൻ ഭക്തിമാർഗമായി സൂത്രിച്ചു വെച്ചതിനെ വ്യാസഭഗവാൻ ഭാഗവതമായി വികസിപ്പിക്കുകയും ചെയ്തത് കഥയൊക്കെ പറഞ്ഞ് വികസിപ്പിച്ച് പടിപ്പടിയായി ചുവട്ടിൽ നമ്മളിന്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും അതൊക്കെ വേറെ എന്തൊക്കെയോ രൂപത്തിലായി അപ്പോ അക്ഷയസുഖത്തിനെ തരുന്നതായ ഭൂമാവിദ്യ ആ ഭൂമാവിദ്യയാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് സുഖമക്ഷയം അശ്നുത്തെ തസ്മാ ബാഹ്യവിഷയപ്രീത്തെ ക്ഷണികാ ഇന്ദ്രിയാണി നിവർത്തയേത് ആത്മനി അക്ഷയസുഖാർത്തി ഇത്യർത്ഥ അക്ഷയമായ ആത്മസുഖത്തിനെ അനുഭവിക്കാൻ ആഗ്രഹമുള്ള സാധകൻ ജിജ്ഞാസോ അഥവാ ഭക്തൻ വെളിയിൽ നിന്നും മനസ്സന്ധർമുഖപ്പെടുത്തി ആത്മാവിൽ നിർത്തി പരിശീലിക്കണം അല്ലെങ്കിൽ ഭഗവത് ഭജനം ചെയ്ത് പരിശീലിക്കണം ഭഗവാൻ അഖണ്ഡാകാര സ്വരൂപനാണല്ലോ അനന്തനാണല്ലോ അപ്പോ ഭഗവാ ഭഗവത് ഭക്തി ചെയ്ത് പരിശീലിക്കണം ഭജനം ചെയ്ത് പരിശീലിക്കണം ഭജനത്തിൽ രസം കണ്ടെത്തി നമ്മളെ ഭഗവാന് അർപ്പിച്ചുകൊണ്ടേയിരിക്കണം ശരണാഗതി ചെയ്തുകൊണ്ടേയിരിക്കണം അപ്പോഴാണ് സുഖമക്ഷയം അഷ്ണുതിയെ അടുത്ത ശ്ലോകം അങ്ങനെയല്ലാതെ ഒരു വിഷയത്തിനെ സമ്പർക്കപ്പെട്ട് സുഖമനുഭവിക്കുക എന്നുള്ള ലൗകികമായ സാധാരണ പ്രക്രിയ അതിൽ ദുഃഖം കൂടിയിരിക്കുന്നു ആ വസ്തു കിട്ടുമ്പോ സുഖം വസ്തു പോകുമ്പോൾ ദുഃഖം വസ്തുവിനെ തന്നെ നിരന്തരം അനുഭവിക്കാൻ പറ്റില്ല ആ കുറച്ചു കഴിഞ്ഞാൽ ദുഃഖം അതെല്ലാത്തിനും സ്വഭാവമാണ് അതാണ് ഭഗവാൻ ഇവിടെ പറയണത് അടുത്ത ശ്ലോകം നോക്കൂ സംസ്പർശാഭോഗ ദുഃഖയോനയേവേ ആദ്യവന്ത കൗന്യാമത്തെ ബുധി സംസ്പർശാ ഭോ സംപർശം കൊണ്ട് കോൺടാക്ട് കൊണ്ട് ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും കൂടിയുള്ള സമ്പർക്കം കൊണ്ട് ഉണ്ടാവുന്ന സുഖം ദുഃഖയോനയഹ ആ സുഖത്തിന് പുറകിൽ ദുഃഖമുണ്ടെന്നാണ് ദുഃഖത്തിനെ പിന്നീട് പ്രസവിക്കും അത് മാത്രമല്ല ആദ്യന്തവന്ത അതിന് ആദിയുമുണ്ട് അന്തവുമുണ്ട് ആ സുഖം ഒരു കാല ആ സുഖം തുടങ്ങുന്ന ഒരു കാലമുണ്ട് അത് അസ്തമിച്ച് ഇല്ലാതാവുന്ന ഒരു കാലുണ്ട് അതുകൊണ്ട് അറിവുള്ളവൻ നതേഷു രമതേ ബുധ ബുധനായിട്ടുള്ളവൻ അറിവുള്ളവൻ അതിൽ പോയി രമിക്കില്ല അത് രമിക്കില്ല എന്ന് വെച്ചാൽ എന്താർത്ഥം പ്രാരബ്ധം കൊണ്ട് അയാളുടെ മുമ്പിൽ അത്തരം സുഖവസ്തുക്കളും വിഷയങ്ങളും ഒക്കെ വന്നാലും അയാൾ അതിൽ ഒട്ടി അത് വരും പോകും അത് കഴിഞ്ഞു അതയാളെ ഒരു വിധത്തിലും അയാൾ ഒരു വെള്ളത്തിൽ ചിത്രം വരയ്ക്കാൻ പറ്റാത്തതുമാതിരി ഈ വിഷയങ്ങളെ അനുഭവിക്കുന്നതൊന്നും തന്നെ അയാളുടെ ചിത്രത്തിൽ ഒരു സുഖ സംസ്കാരത്തിനെ സുഖവാസനയെ ഉണ്ടാക്കില്ല അത് വളരെ നന്നായിരുന്നു ഇനിയും കിട്ടിയാ വേണ്ടില്ല എന്ന് അയാൾക്ക് ഇല്ലേയില്ല അതുകൊണ്ടാണ് നതേഷു രമതേ ബുധ കഴിഞ്ഞു പോയി ഇതൊന്നും കാര്യമില്ല നിത്യമായ ശാന്തിയാണോ വേണ്ടത് ആര് തീരുമാനിക്കുന്നു അയാൾക്ക് യൗവനത്തിലേ അത് കിട്ടുകയുള്ളൂ എന്നൊന്നുമില്ല നമ്മള് ലോകത്തിൽ സാധാരണ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കിട്ടുന്ന സുഖങ്ങളൊക്കെ യൗവനത്തോടെ കഴിഞ്ഞു നേരെ ഈ സുഖം ഭൂമാവിലുള്ള സുഖം അനന്തത്തിലുള്ള സുഖം ഭഗവത് ഭക്തിയിലുള്ള സുഖം നിത്യനിരന്തരമാണ് അതിനർത്ഥം യൗവനത്തിൽ ഇയാൾക്ക് ധാർമ്മികമായി വിധിച്ചു കിട്ടിയിട്ടുള്ള ധാർമ്മികമായ ജീവിതത്തിലുള്ള സുഖത്തിനെ അനുഭവിക്കേണ്ടെന്ന് പറയണില്ല അതിനെ അനുഭവിക്കാതിരിക്കാനും പറ്റില്ല കാരണം അത് പ്രാരബ്ധമാണ് ഇയാളുടെ മുമ്പിൽ വരണതാണ് അതിനെ ധാർമ്മികമായി ധാർമ്മികം എന്ന് വെച്ചാൽ എന്താർത്ഥം അവിടെയൊക്കെ ചോദ്യം വരും ധാർമ്മികം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇഷ്ടം എന്നാണോ അർത്ഥം അല്ല ധർമ്മം അല്ല പുസ്തകത്തിൽ എഴുതി വെച്ചു അങ്ങനെയല്ല ധാർമ്മികമായി എന്ന് വെച്ചാൽ എങ്ങനെ അതിനെ അനുഭവിച്ചാൽ അത് എൻ്റെ ഉള്ളിൽ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കി നാളെ വീണ്ടും ഈ സുഖം വരണമെന്നുള്ള ആഗ്രഹം ഉണ്ടാക്കില്ലയോ എങ്ങനെ അത് എന്നെ കടന്നു പോകുമ്പോൾ അത് കഴിഞ്ഞുപോയി എന്ന് അതിന് ഓർത്ത് ദുഃഖമുണ്ടാവുകയില്ലയോ ആ രീതിയിൽ രാഗദ്വേഷമില്ലാതെ അനുഭവിച്ച് അത് അതിൻ്റെ പാട്ടിൽ പോട്ടെ സുഖം മാത്രമല്ല ദുഃഖവും അതുപോലെ അങ്ങോട്ട് തീർന്നു പോവുകയാണെങ്കിൽ അത് ധർമ്മം എന്ന് പേരും അതാണ് ധർമ്മത്തിന് വ്യാഖ്യാനം രാഗദ്വേഷ വിയുക്തൈസ്തു വിഷയാനീന്ദ്രിയേശ്വരൻ ഭഗവാൻ പറയുന്നു ലോകത്തിൽ വിഷയസുഖങ്ങളിൽ നിന്നും ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് ഭഗവാൻ അറിയാം വിഷയസുഖം വെച്ചാൽ ശരീരം എടുത്തപ്പോ ഊണ് കഴിക്കണ്ടല്ലോ വിഷയസുഖമാണ് നാവിന് വിഷയമാണല്ലോ ഊണ് അപ്പൊ അതൊക്കെ ശരീര നിർവഹണത്തിനുള്ള വേണ്ടതൊക്കെ വേണം അപ്പൊ ശരീര നിർവഹണത്തിനുള്ള വസ്തുക്കളൊക്കെ വരുമ്പോഴും ഇയാൾക്ക് അതിലൊന്നിലും അറ്റാച്ച്മെന്റ് ഇല്ല എല്ലാം വ്യവഹരിക്കുന്നു വ്യവഹരിക്കുന്നു അല്ലാതെ ആശ്രയിക്കണില്ല ആരോഗ്യത്തിൽ പോലും അറ്റാച്ച്മെന്റ് ഇല്ല ആരോഗ്യം ആരോഗ്യമില്ലാതായാൽ ശരി അതാണ് ഈ ഭഗവാന്റെ ഇച്ഛ ഇല്ലാതായാൽ അതിന് വിടുന്നതല്ല അതിനെ നന്നാക്കാൻ പറ്റുമൊക്കെ ശ്രമിച്ചു നോക്കും പക്ഷെ ആശ്രയമില്ല നന്നായിട്ടില്ലെങ്കിൽ ശരി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും നമ്മളുടെ മുഖ്യസ്ഥിതി ദേഹത്തിലോ ഈ വിഷയങ്ങളിലോ ഈ സുഖത്തിലോ ഒന്നുമല്ല അതിനു പുറകിലുള്ള ശാന്തിയെ കണ്ടെത്തിയ വിഷയം വരുമ്പോ വരുന്നു പോകുമ്പോ പോകുന്നു അയാളുടെ സ്ഥിതി ശാന്തിയിലാണ് ഞാത്തയേഷു രമതേ ബുധ വിഷയത്തിൽ അയാൾ രമിച്ചു നിൽക്കണില്ല അത് ദുഃഖമാണെന്ന് അയാൾക്കറിയാം ഞാത്തയേഷു രമതേ ബുധ എന്ന് വെച്ചാൽ സന്യാസമെടുത്തുകൊണ്ട് ഓടിപ്പോകുന്നു എന്ന് അർത്ഥം പറയാൻ കാരണം ഇയാളുടെ ഉള്ളിലുള്ള വാസന തീരുകയും വേണം വാസന തീരാനായി ഇയാൾ ആഗ്രഹിച്ചുകൊണ്ട് വിഷയങ്ങളെ അനുഭവിച്ചാൽ ഇയാളിൽ വാസന പ്രബലമായി കൂടും അപ്പോ രാഗദ്വേഷങ്ങളില്ലാതെ സമത്വം ശീലിച്ച് യോഗത്തിലിരുന്നു കൊണ്ട് ലോകത്തിൽ ജീവിക്കാം അപ്പൊ എന്താവും വാസനാക്ഷയമുണ്ടാവുകയും മനോനാശമുണ്ടാവുകയും സ്വരൂപജ്ഞാനാഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ ഇരിക്കുമ്പോ ഇയാള് ബാഹ്യസ്പർശേഷു അസക്താത്മ വിന്ദതി ആത്മനീയ സുഖം പതുക്കെ പതുക്കെ ആത്മാവിന്റെ സുഖത്തിനെ അനുഭവിച്ചു തുടങ്ങും വിഷയസുഖത്തിൽ രമിക്കുന്നവൻ അതിൽ ആസ്വദിക്കുന്നവൻ അതിൽ സുഖമുണ്ടെന്ന് കരുതി സ്വപ്നം കാണുന്നവൻ കവിത എഴുതുന്നവൻ അവൻ ഒരിക്കലും അതിന്റെ പിടിയിൽ നിന്ന് പുറത്തു ചില ആളുകൾ ഭക്തന്മാരാണെന്നൊക്കെ പറയും പക്ഷെ അവര് കൃഷ്ണൻ പറഞ്ഞാൽ പോലും ഈ കാര്യങ്ങളൊന്നും സമ്മതിക്കില്ല കൃഷ്ണനെ വെച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ചിലതൊക്കെ ഞങ്ങളുടെ സുഖത്തിന് വേണ്ടി നാല് പാട്ട് എഴുതും നല്ലാതെ കൃഷ്ണൻ പറഞ്ഞ് ഗീതയൊന്നും സമ്മതിക്കില്ല ഗീതയെ അനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് പ്രയോജനമുണ്ടാവും ഭഗവാൻ പറയണത് അതുകൊണ്ട് ദുഃഖയോനയേവത്തെ ഈ വിഷയസുഖങ്ങളിൽ ദുഃഖയോനികളാണത് അതിൽ ദുഃഖമുണ്ടെന്ന് അറിഞ്ഞുകൊള്ളതാണ് ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളും തമ്മിൽ സംബന്ധപ്പെട്ടാണ് കിടക്കുന്നത് അനുഭവിക്കും തോറും ഒരു വിഷയസുഖവും അങ്ങനെയില്ല അനുഭവിക്കുന്ന ഇന്ദ്രിയത്തിനെ കേടുവരാത്ത കേടുവരുത്താത്തതായിട്ട് അനുഭവിക്കും വിഷയങ്ങളെ അനുഭവിക്കും ഇന്ദ്രിയങ്ങളും കേടുവന്നു പോവും ഇയാളുടെ ഊർജവും ക്ഷയിച്ചുപോവും ഇയാളുടെ ശ്രദ്ധാശക്തിയും പോയിപ്പോവും അതുകൊണ്ട് ദുഃഖയോനികളാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിൽ രമിച്ചു നിൽക്കാതെ അതിൽ ആസക്തനായിട്ട് നിൽക്കാതെ ഭഗവത്ഭജനം ചെയ്യുക ആദ്യന്തവന്ത കൗന്തേ ഇതിന് ആദ്യമുണ്ട് അന്തവുണ്ട് ഭഗവാൻ ആദ്യമില്ല അന്തവുമല്ല നിത്യവസ്തു അതുകൊണ്ട് നിത്യവസ്തുവിനെ പിടിച്ചുകൊണ്ട് രാമകൃഷ്ണ പരമോമശ്രീ ഒരു എക്സാമ്പിൾ പറയും കുട്ടികളൊക്കെ കളിക്കുമ്പോ തൂണിനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചുറ്റില്ലേ വെറുതെ ചുറ്റിയെ ചിലപ്പോൾ ചോട്ടിൽ വീഴും അപ്പൊ തൂണിനെ പിടിച്ചുകൊണ്ട് ചുറ്റുള്ള പോലെ നിത്യവസ്തുവായ ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് അനിത്യലോകത്തിൽ വ്യവഹാരം ചെയ്യാമെന്ന് ഒന്നും കുഴപ്പമില്ല ഒന്നും വ്യവഹരിക്കേണ്ടെന്നേ പറഞ്ഞില്ല അതാണ് ഭാഗവത ധർമ്മം ആദ്യന്തവന്ത കൗന്ത യഥാ ഇഹ ലോകേ തഥാ പരലോകേപ്പി തി ഗമ്യത്തെ ഏവ ശബ്ദാത് എന്ന് പറഞ്ഞതുകൊണ്ട് ദുഃഖയോനയെ ഏവ എന്ന് പറഞ്ഞതുകൊണ്ട് ആചാര്യസ്വാമികൾ ഭാഷ്യത്തിൽ പറയാണ് ഈ ലോകത്തിൽ മാത്രമല്ല ഇനി പരലോകത്തിലെ സുഖം അനുഭവിക്കാൻ പോയാൽ ഇത് തന്നെ കണ്ടീഷൻ ഈ ഇസ്ലാം മതത്തിലൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ ഇവിടെ റംസാൻ നോമ്പ് നോറ്റു കഴിഞ്ഞാൽ മുകളിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് സുഖിക്കാൻ വേണ്ട വസ്തുക്കളൊക്കെ ധാരാളം സ്വർഗത്തിലെ പൂന്തോട്ടങ്ങളും മധുലഹരി പദാർത്ഥങ്ങളും ഒക്കെ ഇങ്ങനെ ഒഴുകും ഡാൻസ് പാട്ടുമൊക്കെ അവിടെയൊക്കെ നമുക്കൊക്കെ അവിടെ പോയി അനുഭവിക്കാം എന്നാണ് അപ്പൊ പലപ്പോഴും ഇവിടെ വേണ്ട വെക്കണത് പോലെ അവിടെ പോയി അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാലും ഇവിടെ വേണ്ട എന്നൊന്നും വയ്ക്കില്ല അവർ അപ്പോ പോയി സുഖം അനുഭവിക്കുമ്പോ ആ സുഖത്തിലും ഇത് സ്ഥിതി പരത്രാപി സംസാരേ സുഖസ്യ ഗന്ധമാത്രമേ അസ്തി ബുദ്ധ്വാ വിഷയമൃഗതൃഷ്ണിക ഇന്ദ്രിയാണി നിവർത്തയേത് വിഷയ മൃഗതൃഷ്ണിക എന്നാണ് ആചാര്യസ്വാമികൾ പറഞ്ഞത് മൃഗതൃഷ്ണിക എന്ന് വെച്ചാൽ ദൂരത്ത് പോയി വെള്ളം കാണും മരുഭൂമിയില് നല്ലതാഹണ്ട നമുക്ക് നല്ലതാഹണ്ട് ദൂരത്ത് മരുഭൂമിയില് നദി ഒഴുകുന്നത് കാണുന്നു ഓടി ചെന്നിട്ട് വെള്ളം കുടിക്കാമെന്ന് പോകുമ്പോൾ വെള്ളമില്ലേ അവിടെ ലോകത്തിലെല്ലാം അങ്ങനെയാണ് ബെസ്റ്റ് എക്സാമ്പിളാണത് ലൗകിക ജീവിതത്തിൽ നമ്മൾ ഇത്ര കാലം അനുഭവിച്ച വിഷയങ്ങളെയൊക്കെ ആലോചിച്ച് നോക്കിയാൽ കാണാം പലതിനും വേണ്ടി ഓടി അവിടെ ചെന്ന് നോക്കുമ്പോ അതുകൊണ്ട് ദാഹമൊന്നും തീരണില്ല പിന്നെയും ദാഹിക്കുകയാണ് പിന്നെയും ദൂരത്തില് കാണുകയാണ് ഓടിക്കൊണ്ടേക്കാണ് മൃഗതൃഷ്ണയാണ് മാന ഓടു അത്രേ മരുഭൂമിയില് ഇങ്ങനെ വെള്ളം കണ്ടിട്ട് അതുപോലെ ഓടിക്കൊണ്ടേയിരിക്കണം നാളെ നാളെ നാളെ നാളെ നാളെ അവിടെ കിട്ടും അവിടെ കിട്ടും അതിൽ കിട്ടും ഇതിൽ കിട്ടും എന്ന് പറഞ്ഞു ഓടി അവിടെ ചെല്ലുമ്പോഴേക്കും തളർന്നു അവിടെ നോക്കുമ്പോ വെള്ളമില്ല എല്ലാ വസ്തുക്കളും അങ്ങനെയാണ് ദൂരത്തുനിന്ന് അടുത്തു നോക്കുമ്പോ അപ്പൊ വെള്ളമില്ല എന്ന് കണ്ട ആള് പിന്നെ ഓടുവോ ദാഹമൊക്കെ അയാൾക്കും ദാഹമുള്ള ആൾ എന്ത് ചെയ്യണം മരുഭൂമിയിലാണെങ്കിലും ഒരു വഴിയെ അയാളെക്കുള്ളൂ നിൽക്കണടത്ത് നിന്ന് കുഴിക്കുക ചിലപ്പോ ഒരു പത്തായിരം അടി പോയാലായിരിക്കും വെള്ളം കിട്ടുക എന്നാലും വേറെ വഴിയില്ല ആ മരുഭൂമിയില് ആ മൃഗദൃഷ്ടിക വെള്ളം കുടിച്ചിട്ട് ദാഹം തീരിയില്ല ഒത്തിരി മെനക്കെട്ടായാലും നിൽക്കുന്ന സ്ഥലത്ത് ആഴത്ത് പോയാൽ വെള്ളം കിട്ടും കുഴിക്കാ വേറെ വഴിയില്ല അപ്പൊ തന്നില് വേണം ആ സുഖത്തിനെ കണ്ടെത്താൻ ഈ നമ്മൾക്കുള്ള അശാന്തി ലോകത്തിലുള്ള സാധനങ്ങളൊക്കെ അതിൽ കൊണ്ടുവന്ന് ഇട്ടിട്ട് അത് തീരില്ല തീർക്കാൻ പറ്റില്ല അത് തീർക്കാൻ നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പഴയ കാലത്തിൽത്തെ നമ്മൾക്ക് പരമ്പരയിൽ ഋഷികൾ കൊണ്ടുവന്ന് തന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ വിട്ട് സുഖം പണത്തിലാണെന്ന് കരുതി ഇവിടുന്ന് പലരും പുറപ്പെട്ട പല സ്ഥലങ്ങളിലേക്കും പോണുണ്ട് അവിടെയൊക്കെ ചെന്നിട്ട് നോക്കുമ്പോ നമ്മൾ തെരഞ്ഞ സാധനം ഇവിടെയില്ല പാശ്ചാത്യതക്കലും പല സ്ഥലങ്ങളിലും പോയിട്ട് പലതിനുമായിട്ട് ജോലികളിലൊക്കെ സമ്പാദിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ കുറെ കഴിയുമ്പോ എന്താ ചെയ്യണത് സുഖം കിട്ടിയിട്ടാണോ ഒന്നുമല്ല ആ ദുഃഖത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തുകയാണ് ഉള്ളൂ ഇനിയിതിലൊന്നും കൂടുതലൊന്നും നമുക്കൊന്നും കിട്ടാൻ പോകണില്ല തൽക്കാലം ഇതിൽ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം ചിലർക്ക് ഇത് ദുഃഖമാണെന്ന് അറിയുന്നുണ്ട് പക്ഷെ വിടാൻ പറ്റണില്ല കമ്പിളിക്കട്ടും ഒരാള് നദിയിൽ കണ്ടു ഒരു കമ്പിളി ഒഴുകി പോകുന്നു ചാടി കയറി പിടിച്ചു പിടിച്ചു പിന്നെ നെൽവിളിക്കുകയാണ് അവിടുന്ന് വെള്ളത്തിൽ മുങ്ങണും പൊങ്ങണവും കരയിൽ നിൽക്കണവരോട് പറഞ്ഞു എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞു അവർ പറഞ്ഞു നീയല്ലേ പോയി പിടിച്ചത് വിട്ടിട്ട് വരുമോ ഞാൻ അപ്പോഴേ വിട്ടുകഴിഞ്ഞു അതെന്നെ വിടണില്ലാ എന്നാണ് അതൊരു കരടിയായിരുന്നു അതാണ് വിട്ടാലും വിടണില്ലാ കമ്പിളിക്കട്ടം എന്നൊരു ചൊല്ലുണ്ട് മലയാളത്ത് അങ്ങോട്ട് കയറി പിടിച്ചപ്പോ പിന്നെ അത് ഇങ്ങോട്ട് പിടിച്ചു പിന്നെ വിടണില്ല അത് അതുപോലെയാണ് നമുക്ക് ഇവിടുത്തെ ഓരോ സാധനങ്ങളും പിന്നെ ഒരു അഭിമാനം അഹങ്കാരം മനുഷ്യൻ എവിടെയാ വരാത്തത് കപില ഭഗവാൻ ഭാഗവതത്തിൽ പറഞ്ഞു നരകത്തിലാണെങ്കിലും അവിടെയായുള്ള ഒരു മുനിസിപ്പാലിറ്റിയും എലക്ഷനും ഒക്കെ വെച്ച് അതിലൊരു പ്രസിഡന്റ് ആയിട്ടൊക്കെ അഭിമാനിച്ചിട്ട് ഞാൻ എന്നെ സന്തോഷമായിട്ട് ആരുമില്ലെന്ന് പറഞ്ഞ് നടക്കും അത്രേ ി എന്ന കപിലൻ പറയുകയാണ് പോയി നോക്കിയാൽ കാണാം നമുക്ക് ചിലപ്പോ അവിടെയും മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് എലക്ഷൻ മന്ത്രിസഭ ഒക്കെ അതിലും ആളുകൾ വലിയ ആളുകളായിട്ടൊക്കെ നടക്കും എല്ലാം ചെയ്യും നരകത്തിലും ഉണ്ടാവുമെന്നാണ് അതുകൊണ്ട് അവർ സുഖിക്കുന്നു എന്നും സുഖം കണ്ടെത്തി എന്നും ഇപ്പോ ലോകത്തിലെ ഏറ്റവും സുഖമായിട്ടുള്ള രാജ്യങ്ങൾ എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് ഇട്ടിട്ട് ഞാൻ ബോംബെയിലിരിക്കുമ്പോൾ ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരുന്നു വിചിത്രമാണ് എല്ലാവരും ഇപ്പൊ അമേരിക്കയിലേക്കാണോ ഏറ്റവും ദാരിദ്ര്യം പിടിച്ച രാജ്യം ബംഗ്ലാദേശാണ് ഫസ്റ്റ് പൊസിഷൻ എട്ടാമത്തെ രാജ്യം നമ്മുടെ ഇന്ത്യ അമേരിക്കയ്ക്ക് നാൽപ്പത്തിയഞ്ചോ അമ്പത്തഞ്ചോ എന്തോ ആണ് സ്ഥലം ജപ്പാൻ മുപ്പത്തഞ്ചോ നാൽപ്പതോ ആണ് അപ്പോ അവരുടെ വിടെ സുഖത്തിന്റെ സുഖവത്തിനും ബാഹ്യമായ പ്രൗഢിക്കും തമ്മിൽ ബന്ധമില്ല പക്ഷെ നമ്മൾ ബാഹ്യമായ പ്രൗഢിയും സുഖവും തമ്മിൽ ബന്ധപ്പെട്ടിട്ടാണ് ഇരിക്കണതെന്ന് വിചാരിച്ച് നമ്മൾ സുഖത്തിനെ അല്ല വരിക്കണത് അഭിമാനത്തിനെയാണ് വരിക്കണത് വി ഷുഡ് ഹാവ് ട്രമെൻഡസ് ഇന്റലിജൻസ് ടു സെലക്ട് റിയൽ ഹാപ്പിനെസ് ഫ്രം വാനിറ്റി അധികവും നമ്മൾ വീണ് പോവും വാനിറ്റിയിൽ വീണ് പോയി കഴിഞ്ഞാൽ പിന്നിങ്ങോട് ചാടാൻ പറ്റില്ല അത് സ്വീകരിക്കണത്തിന് മുമ്പ് വിചാരം എന്താ വേണ്ടത് എന്നാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയൊന്നുമല്ല പറയണത് റെക്കോർഡ് ചെയ്തിട്ട് എവിടേക്കൊക്കെ പോണുണ്ടേ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരുടെ കയ്യിലും മറ്റ് പല സ്ഥലങ്ങളിലും പോണുണ്ടാവും ചിലപ്പോ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളും ഒക്കെ പല ആളുകളും അതുകൊണ്ടിപ്പോ കൊച്ചിയിലുള്ള വയസ്സായ ആളുകളെടുത്ത് പോയി ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം ചിലപ്പോ നിങ്ങൾ വിചാരിക്കും സാറല്ലേ പോണോ എവിടെയോ കേൾക്കണം അവർ കേൾക്കും ശ്രേയശ്ച പ്രേയശ്ശ മനുഷ്യമേത തൗ സമ്പരീത്യ വിവിനക്തി ധീരാ തയോ ശ്രേയ ആദദാന സാധുപവതി ഹീയത്തെ അർത്ഥാദ്യു പ്രയോ പ്രണീത്തെ അർജുനന് ഭഗവാൻ ഉപനിഷത്താവുന്ന പശുവിനെ കറക്കുമ്പോ അർജുനൻ ഒരു കിടാവ് മാത്രമാണ് കിടാവിനെ ഉപയോഗിച്ചുകൊണ്ട് കറന്നിട്ട് പാൽ കുടിക്കുന്നത് നമ്മളൊക്കെയാണ് അല്ലേ അതുപോലെ ഇപ്പോ വത്സസ്ഥാനത്തിൽ വെച്ചുകൊണ്ട് നമുക്ക് കറക്കാം നമ്മളെയൊക്കെ വെച്ചുകൊണ്ട് പാലാരെങ്കിലുമൊക്കെ കുടിക്കും എവിടെയെങ്കിലുമൊക്കെ കുടിക്കും മനുഷ്യന്റെ മുമ്പിൽ ശ്രേയസും പ്രേയസും മുമ്പിൽ വന്ന് നിൽക്കണ ശ്രേയസിനെ സ്വീകരിക്കുന്നവര് രക്ഷപ്പെടും പ്രേസിനെ സ്വീകരിക്കുന്നവർ പതുക്കെ പതുക്കെ നാശത്തിലേക്ക് വീണു പോകുമെന്നാണ് പുറമേക്ക് അവർക്ക് പലതും ഉണ്ടാവും അകമേക്ക് അത്യധികം ദുരിതമാണ് ഞാനൊക്കെ ദിവസം കാണുന്നു അത് പട്ടണങ്ങളിലും പല സ്ഥലങ്ങളിലും പണക്കാരായിട്ടും വലിയ വലിയ നമ്മളൊക്കെ സാധാരണ കണ്ടു കൊതിക്കുന്ന ആളുകള് അവരുടെ വീട്ടിലേക്ക് വരൂ വരൂ പറഞ്ഞു പോയി അടുത്തൊക്കെ പോകുമ്പോ അവരുടെ ഈ പുറമേയുള്ള മോടിയും അകമയുള്ള ദുഃഖവും കൂടിയുള്ള ആ അന്തരം കാണുമ്പോ നമുക്ക് മനസ്സിലാവും ലോകം മൃഗതൃഷ്ണികയാണ് കാണുന്ന പോലെയല്ല അനേകവിധ കുഴപ്പങ്ങളാണ് റിലേഷൻ കുടുംബ ബന്ധമില്ല റിലേഷൻഷിപ്സ് ഇല്ല ഒരു ശാന്തിയില്ല നേരെ ചൊവ്വേ ഒരു ഊണ് വെച്ച് കഴിക്കണില്ല കൊട്ടാരം പോലെ വീട് കെട്ടിയിരിക്കണം ഒരു ഒരു സാമ്പാറും രസവും വെച്ച് ഊണ് കഴിക്കാൻ വയ്യ അവർക്ക് പറഞ്ഞപ്പോ ഒരാൾ പറഞ്ഞു സ്വാമി പറഞ്ഞ പോലെ തന്നെയാണ് ഞങ്ങളുടെ കാര്യം ഈ നായൊക്കെ റൊട്ടിയൊക്കെ അടുക്കളയിൽ നിന്ന് കടിച്ചുകൊണ്ട് ഓടില്ല ആരെങ്കിലും തല്ലുവെന്ന് അതുപോലെയാണ് ഒരാൾ പറഞ്ഞു അതുപോലെയാണ് ഞാൻ റൊട്ടി വായിലിങ്ങനെ വെച്ചുകൊണ്ട് കാറോ ഓടിച്ചുകൊണ്ടാണ് പോണതെന്നാണ് രാവിലെ സമയിലാണ് എന്തിനാ ജീവിക്കുന്നത് സുഖിക്കാനോ സുഖിച്ചൂടെ എന്നാ സുഖിച്ചൂടെ എവിടെ ക്വസുഖം അശാന്തസ് കുത്തസുഖം ശാന്തിയില്ലാത്തവന് സുഖം എവിടെ നിവൃത്തി എവിടെ വലിയ വലിയ ട്രാപ്പിലാണ് ചെന്ന് ഈ വിവേകമില്ലാത്തത് കൊണ്ട് വരുന്ന കുട്ടികളൊക്കെ തന്നെ വലിയ വലിയ ട്രാപ്പിലാണ് ചെന്ന് പെടുന്നത് അവരൊക്കെ സമ്പർക്കം കൊണ്ട് പറയണം വെറുതെ ഒന്നും വിരോധം കൊണ്ട് പറയണ അതായത് അത്യധിക ഹിതചിന്തയോടുകൂടെ എല്ലാവർക്കും മംഗളം ഉണ്ടാവണം ശാന്തി ഉണ്ടാവണം എന്ന് പറഞ്ഞ് ഹൃദയത്തോടുകൂടെ തന്നെയാണ് പറയുന്നത് കുട്ടികളൊക്കെ ചെന്ന് പടുകുഴിയാണത് പുറത്തു വരാൻ കഴിയാത്ത പടുകുഴി അവര് വാനിറ്റി കൊണ്ട് അഭിമാനം കൊണ്ട് ഒരു ജോലി കിട്ടി ധാരാളം ശമ്പളം ഒരാളോട് ചോദിച്ചു ഭാര്യ ഭർത്താവ് ജോലി ചെയ്യുന്നു ധാരാളം ശമ്പളം ശരീരാസ്വാസ്ഥ്യവും വിഷമവും ഒക്കെ വരുമ്പോ അവരോട് നിങ്ങളത് വിട്ടിട്ട് ഒരാൾ വീട്ടിലിരുന്നുകൂടെ ഒരാൾ പണിയെടുത്താൽ പോരെ സുഖമായി ജീവിക്കാല്ലോ എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് നമ്മൾ മനസ്സിലാവണത് ഇവർ വാങ്ങുന്ന ശമ്പളത്തിന്റെ നാലിരട്ടി ഇവർക്ക് കമ്മിറ്റ്മെന്റ് അതിനു മുമ്പ് തന്നെ ഉണ്ടായിക്കഴിഞ്ഞു ഉണ്ടാക്കാൻ വേണ്ട ഏർപ്പാടുകളൊക്കെ ചുറ്റും ആളുകൾ നടന്ന് ചെയ്തു കഴിഞ്ഞു ഇങ്ങനെയാണ് നമ്മുടെ സമൂഹം പുറത്ത് ചാടാൻ വയ്യ ഇതൊക്കെ എങ്ങനെ സംഭവിക്കണു ഇതിനേക്കാളും അതിനേക്കാളും എത്രയോ കുറഞ്ഞ ശമ്പളം വാങ്ങിയിട്ട് പണം വാങ്ങിയിട്ട് സ്വസ്ഥമായിട്ട് ജീവിച്ച് ഊണ് കഴിച്ച് കുടുംബമൊക്കെ ഭംഗിയായി നടത്തി ബാങ്കിലും കുറച്ചിട്ട് മകളെ കല്യാണം കഴിച്ച് കൊടുത്ത് ഒക്കെ അച്ഛന്മാരാണ് വീട്ടിലിരിക്കുന്നത് ഞാൻ നേരിട്ട് കാണുന്നത് ചിലതൊക്കെ ഇവര് പാവം കുട്ടികളെ അറിയാതെ എന്തൊക്കെയോ ഇതിൽ പെട്ടിട്ട് ഇത് അവര് ചെയ്യണമെന്ന് പോലും എനിക്ക് പറയാൻ വയ്യ മായയുടെ തന്നെ പണിയാണത് അതായത് ഇവരെ കൊണ്ട് പണിയെടുപ്പിച്ച് വിഷമിപ്പിച്ചിട്ട് ഒരു കാലം കഴിയുമ്പോഴേക്കും ഇവരെ അങ്ങോട്ട് എന്താ പറയാ ഈ ചാ ജ്യൂസ് മുഴുവൻ പിഴിഞ്ഞെടുത്തിട്ട് വലിച്ചെറിയണം അതിനുള്ള പണിയാണത് അതായത് ഇവരല്ലെങ്കിൽ ഇത്തിരി വിഷമിച്ചാൽ ചിലപ്പോൾ വിട്ടാലോ വിടാനും പാടില്ല അപ്പൊ അതിനെന്ത് വേണം പലതും ഉണ്ടാക്കി വെച്ചിട്ട് ഇവർക്ക് പുറത്ത് ചാടാൻ നിവൃത്തിയില്ല പേരിനൊക്കെ ധാരാളം പണം കിട്ടണമെന്നൊക്കെ തോന്നും കാര്യത്തിൽ ഒന്നും കാണില്ല ഇതാണ് മായ എന്ന് പറയുന്നത് ഞാൻ അവിടെ വെച്ച് പറഞ്ഞില്ലേ യക്ഷവിത്തം കേട്ടിട്ടുണ്ടോ കഥ ഇവിടെ പറഞ്ഞു ഞാൻ യക്ഷവിത്തം ഒരു ബാർബർ രാജാവിന്റെ ക്ഷുരകനാണ് ബാർബർ അയാൾക്ക് പണം കിട്ടണമൊന്നും പോരാമെന്ന് ഒരു തോന്നില്ല അപ്പൊ ഒരു ദിവസം കാട്ടിൽ നടക്കണോ നടക്കുമ്പോ ബാർബർ വിചാരിച്ചു കുറച്ചുകൂടെ പണം കിട്ടിയാൽ വേണ്ടില്ല എന്ന് വിചാരിച്ചു രാജാവ് കുറച്ച് പണം രാജാവിന്റെ ബാർബറാണ് ക്ഷുരകനാണ് നല്ല ഒത്തിരി കൂടി പണം കിട്ടിയാൽ വേണ്ടില്ല എന്ന് തോന്നി അപ്പോ ഒരു മരത്തിന് ചുവട്ടിലിരുന്നപ്പോ ആ മരത്തിന് പുറകുന്ന ഒരു ശബ്ദം തനിക്ക് ഏഴ് ഭരണി സ്വർണം വേണോ അപ്പൊ ചുരകന് വളരെ സന്തോഷം ആരാ നിങ്ങളെ ഞാൻ ഒരു യക്ഷനാണ് നിന്നെ പോലെ വിഷമിക്കുന്നവർക്കൊക്കെ സഹായിക്കാനാണ് ഞാൻ നിൽക്കുന്നത് ഏഴു ഭരണി സ്വർണം തരാമെന്ന് തോന്നുന്നു ഈ ബാർബർ പറഞ്ഞു വളരെ സന്തോഷം വേണമെന്ന് തോന്നുന്നു വീട്ടിലേക്ക് പോയിക്കോളൂ കിട്ടും എന്ന് പറഞ്ഞു ശരി ശരി എന്ന് പറഞ്ഞു ഈ ചുരകം വീട്ടിൽ പോയി വീട്ടിൽ പോകുമ്പോ കറക്റ്റ് ഏഴു ഭരണി അവിടെ വീട്ടിലുണ്ട് ഒരൊന്നായി തുറന്നു നോക്കി നോക്കുമ്പോ ആറ് ഭരണി ഫുള്ളും ഏഴാമത്തെ ഭരണി പകുതിയും സ്വർണമുണ്ട് ഇയാൾക്ക് രാത്രി ഉറങ്ങം വരണില്ല ആ മാസത്തെ ശമ്പളമൊക്കെ കൂടെ കൂട്ടിയിട്ട് പോരാ ഭാര്യയുടെ കഴുത്തിലുള്ളതൊക്കെ അഴിച്ചു വാങ്ങി കാലിലുള്ളതൊക്കെ അഴിച്ചു വാങ്ങി ഒരു കുറെ കോയിനാക്കിയിട്ട് ഏഴാമത്തെ ഭരണിയിലിട്ടു അത് അറിയണേയില്ല പിന്നെ രാജാവിന്റെ അടുത്ത് പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് പണം കടം വാങ്ങി അതൊക്കെ സ്വർണ്ണ കോയിനാക്കിയിട്ട് ഏഴാമത്തെ ഭരണിയിലിട്ടു എന്നറിയണില്ല അവസാനം രാജാവിന്റെ അടുത്ത് പറഞ്ഞു എനിക്കിത്തിരി ശമ്പളം കൂട്ടിത്തന്നാ വേണ്ടില്ല എന്ന് പറഞ്ഞു രാജാവ് ശരി എന്ന് പറഞ്ഞ് ശമ്പളം കൂട്ടിക്കൊടുത്തു ഏഴാമത്തെ പരണി എന്ന് അറിയണില്ല ഇടയ്ക്കിടയ്ക്ക് രാജാവിന്റെ അടുത്ത് പണം ചോദിക്കാൻ തുടങ്ങി ഇയാൾ സമാധാനമില്ലാതെയൊക്കെ നടക്കണതും കുടുംബമൊക്കെ ദാരിദ്ര്യത്തിൽ വിഷമിക്കണതും ഒക്കെ രാജാവിന് ആശ്ചര്യം തോന്നി രാജാവ് ഒരു ദിവസം ചോദിച്ചു ഇടോ തനിക്ക് ആറര ഭരണി കിട്ടിയിട്ടുണ്ടോ അപ്പൊ ഇയാൾ രാജാവിനോട് ചോദിച്ചു ഇത് നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു ആ അത് ഞങ്ങൾക്കൊക്കെ അറിയാം ഞങ്ങളോടൊക്കെ ഇയാൾ ചോദിച്ചിട്ടുണ്ട് ഈ ആറര ഭരണി കൊണ്ട് ഞങ്ങളൊക്കെ വിഷമിപ്പിച്ചിട്ടുണ്ട് ഈ ആറര ഭരണി ഒരിക്കലും ഏഴു ആവില്ല ആ ആറര ഭരണി ഉപയോഗിക്കാനും പറ്റില്ല അതുകൊണ്ടത് വേണ്ടൂ ആറര ഭരണി ഏഴ് ഭരണി ആവുകയില്ല ആറര ഭരണിയിലുള്ളതിനെ ഉപയോഗിക്കാനും നിനക്ക് സാധിക്കില്ല അതുകൊണ്ട് വേണ്ടെന്ന് പറയൂ ഇയാൾ തിരിച്ചുപോയി എക്ഷൻ എടുത്ത് പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു മുഴുവൻ ഡിസപ്പിയറായി ആറരഭരണിയും പോയി ഇയാൾ ഉണ്ടാക്കിയ മുഴുവനും പോയി അയാൾ പറഞ്ഞു എന്നാലും വേണ്ടില്ല അത്തിരി സമാധാനമായിരുന്നു ഇതാണ് യക്ഷവിത്ത പദത്യത എന്ന് ഭാഗവതത്തിലൊക്കെ വരും യക്ഷവിത്തം യക്ഷവിത്ത പദത്യത അപ്പൊ ഇതാണ് നേര ചൊവ്വ അല്ലാതെ ഈ കാണുന്ന പണം മുമ്പിലിങ്ങനെ ഇന്ദ്രജാലം കാണിക്കുമെന്നല്ലാതെ അതിനെ ഉപയോഗിച്ചിട്ട് നമുക്ക് സുഖിക്കാൻ പറ്റില്ല അതാണ് തമാശ അത് ഉപയോഗിച്ച് സുഖിക്കാമെന്ന് വെച്ചാൽ സുഖിക്കാൻ പറ്റില്ല എത്ര സുഖം നിങ്ങൾക്ക് സുഖിക്കാൻ നിങ്ങളുടെ കോശങ്ങളിലുള്ളൊക്കെ രജിസ്റ്റർ ചെയ്ത് എഴുതി തന്ന് പോ പാല് വാങ്ങിക്കുമ്പോ കൂപ്പൺ ഇല്ലേ കൂപ്പൺ കൊടുത്താൽ അത്രയേ പാല് തരുള്ളൂ അല്ലെ അതേപോലെ നമ്മളുടെ ഓരോ കോശങ്ങളിലും നമ്മളുടെ ശരീരം വരുമ്പോ ഭഗവാൻ ഓരോ കൂപ്പൺ വെച്ചിട്ടുണ്ട് ആ കൂപ്പണ് അനുസരിച്ച് റേഷൻ നിങ്ങൾ എന്ത് സമ്പാദിച്ചോളൂ നിങ്ങൾ എന്ത് ചെയ്തോളൂ കാര്യമൊക്കെ നിങ്ങൾ എത്രയൊക്കെ കണക്കിലും കടലാസിലും എഴുതിയാലും നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന കൂപ്പൺ പ്രകൃതി രേഷ റേഷൻ അപ്പൊ പിന്നെന്താ കാണിക്കുന്ന മടയത്തരല്ലേ എന്നാലും കാണിക്കും അതാണ് മൃഗതൃഷ്ണ എന്ന് പറയുന്നത് അപ്പോ അതറിവുള്ള ആളെ തീരുമാനിച്ച് തന്റെ സാഹചര്യത്തിനനുസരിച്ച് തന്റെ കർമ്മത്തിനെ ധർമ്മമാക്കി മാറ്റി തനിക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിൽ ധനസമ്പാദനാദികൾ ചെയ്തുകൊണ്ടും അതിനുമേലെ തനിക്ക് ലൈഫിലൊരു പർപ്പസ് ജീവിതത്തിലൊരു ഉദ്ദേശമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ധനസമ്പാദനാദികളൊക്കെ ശരീര നിർവഹണത്തിനും കുടുംബം നടത്താനും കാര്യങ്ങൾക്കും ഒക്കെ വേണ്ട അതിൽ കൂടുതൽ അതിൻ്റെ കുഴിയിൽ ചെന്ന് പെടാതെ അതിനൊരു മതിൽ കെട്ടി ആനന്ദിക്കണമെന്ന് വാസ്തവത്തിൽ തീരുമാനിച്ച് ആനന്ദത്തിൻ്റെ ഉറവിടം അല്പമായതിലല്ല ആനന്ദത്തിലാണുള്ളതെന്ന് അറിഞ്ഞ് അധ്യാത്മമായ ആന്തരികമായ ഒരു ഭാവം വളർത്തിയെടുത്ത് സത്സംഗത്തിലും ഭഗവത് ഭക്തിയിലും ഒക്കെ രമിച്ചുകൊണ്ട് ഭഗവത് ആശ്രിതനായിട്ടിരുന്നു കൊണ്ട് പ്രകൃതിയിൽ സ്വധർമ്മത്തിനെ ചെയ്താൽ ശരീരനിർവഹണവും നടക്കും ശാന്തി ഉണ്ടാകും അല്ലെങ്കിൽ ശരീരനിർവഹണവും നടക്കില്ല ശാന്തിയും ഉണ്ടാവില്ല അതുകൊണ്ട് ദുഃഖയോനയ എന്ന് ഭഗവാൻ പറയണത് ഒരു പെസിമിസമല്ല ഭഗവാൻ കേവലം വാസ്തവിക സ്ഥിതി മാത്രം പറയാണ് ഈ യക്ഷവിത്വത്തിൽ രമിക്കരുത് എന്ന് ഉറം വസ്തുക്കളിൽ സുഖമുണ്ടെന്ന് തോന്നണത് വെറും മരുമരീച്ചികയാണ് കുറച്ചു കിട്ടും പിന്നെ പോകുമെന്ന് നിത്യമായ സുഖം ആത്മാവിലാണുള്ളത് അന്തരംഗത്തിലാണുള്ളത് ഭഗവത് ഭക്തിയിലാണുള്ളത് അതിനുവേണ്ടി നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നാമജപം ചെയ്തുകൊണ്ടും സദ്ഗ്രന്ഥ പാരായണങ്ങൾ ചെയ്തുകൊണ്ടും സത്സംഗത്തിലിരുന്നു കൊണ്ടും ഏകാന്തവാസം ചെയ്തുകൊണ്ടും എങ്ങനെയൊക്കെ കഴിയുമോ ആ രീതിയിലൊക്കെ ഉപാസനാ മാർഗങ്ങളില് മുന്നേറിക്കൊണ്ടേ പോകണം എത്ര ദൂരം പോവാൻ പറ്റുമോ അത്രയും ദൂരം ലാഭമാണെന്നാണ് ഗീത പറയണത് എത്രയും ദൂരം നിങ്ങൾ പൂർണ്ണമായോ ഇല്ലയോ എന്നുള്ളതൊക്കെ പോട്ടെ എത്ര ദൂരം പോയോ അത്ര ദൂരത്തേക്ക് ശാന്തി നിങ്ങൾക്കുണ്ടാവും അത് നേടിയെടുക്കുക എന്നാണ് നാളെ ഇതേ സമയത്തിൽ തുടങ്ങാം നാളത്തോടുകൂടെ വൈകുന്നേരത്തോടുകൂടെ ഇവിടുത്തെ സത്സംഗം സമാപ്തമാണ് നാളെ രാവിലത്തോടുകൂടെ മനു എന്താ കാശീപഞ്ചകം നാളെ രാവിലത്തോടുകൂടെ സമാപ്തമാണ് മറ്റന്നാളെ ഉണ്ടാവില്ല മറ്റന്നാളെ രാവിലെ നോട്ടീസിലുണ്ട് മറ്റന്നാള് രാവിലെ സത്സംഗ ഇല്ല ഇവിടെ സത്സംഗല്ല നിങ്ങൾക്ക് സത്സംഗമാവാം നിരന്തരമായിട്ടിരിക്കട്ടെ നാളെ രാവിലത്തോടുകൂടെ കാശി പഞ്ചകം പൂർത്തിയായി നാളെ വൈകുന്നേരത്തോടുകൂടെ ഇവിടെ ഭഗവത്ഗീത പൂർത്തിയായി പിന്നെ വീണ്ടും ഇവിടെ വൈ എൻ പി ട്രസ്റ്റില് മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരം തുടങ്ങും ഭാഗവതം അതിനു മുമ്പ് എറണാകുളത്തിൽ കുറേ പരിപാടികളുണ്ട് ഫെബ്രുവരി ഇരുപത്തി നാലോ ഇരുപത്തി തീയതി മുതൽ ടി ഹാളിൽ വെച്ച് ഭാഗവത സപ്താഹമുണ്ട് ഒരു ഒരാഴ്ച ഭാഗവത സപ്താഹം ഫെബ്രുവരി ഇരുപത്തിനാല് മുതൽ ഒരാഴ്ച ടി ഡി എം ഹാളിൽ ഭാഗവത സപ്താഹമുണ്ട് പിന്നെ അതിനുശേഷം ഇവിടെ വൈ എൻ ഭാഗവത ഏകാദശ പ്രഭാഷണം അത് കഴിഞ്ഞ ഉടനെ ജൂൺ ഒന്നാം ഒന്നാം തീയതി മുതൽ എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹമുണ്ട് രണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അധികമായിട്ടും ഒരു വർഷത്തിലേക്ക് പിന്നെ ഇങ്ങോട്ട് ഉണ്ടാവില്ല അപ്പോ അതിനു മുമ്പ് കുറച്ച് എറണാകുളത്തിൽ കുറച്ച് കൂടുതലാണ് പിന്നെ അപ്പോ ഇത്രയൊക്കെയാണ് വിഷ സത്സംഗത്തിന്റെ വാർത്ത ഇനിയിപ്പോ ഇവിടെ നാമസങ്കീർത്തനത്തോടെ നിർത്താം ഫാലാപനം ഫാലനേത്രാക്ഷിഷാദഗ്ധപഞ്ചേഷീട്ടം ശൂലാഹതാരാതിക്കൂട്ടം ശുദ്ധവക്ീന്ദുചൂടം ഭജേ മാർഗന്ധു ശംഭോ മഹാദ ശിവ ശംഭോ മഹാദ ശംഭോ ശംഭോ മഹാദേവ അംഗേ വിരാജദ്ുജംഗം അഭ്രഗംഗാ തരംഗാഭിരാമോത്തമാങ്കം ഓീകുരംഗം സിദ്ധസംസേവിതാഘ്രി ഭജേ മാർഗന്ധു ശംഭോ മഹാദേവദ ശിവ ശംഭോ മഹാദേവദ ശംഭോ ശംഭോ മഹാദേവദ നിത്യം താനന്ദശേഷോകേശവൈരി പ്രതാപം കാർത്തസ്വരാഗേന്ദ്രാപം ജേ ദസന്മാർബന്ധു ശംഭോ മഹാദവദ ശിവേശ ശംഭോ ശംഭോ മഹാദവദർദർപ്പഘ്രമീശംം മഹേശം മഹാവ്യോമകേശം ദന്തശ കോട്ടിസൂര്യ പ്രകാശം ഭജേ മാർഗന്ധം ശംഭോ മഹാദേവദിവേശ ശംഭോ ശംഭോ മഹാദേവദ മന്ദാരഭൂതേദാഗേന്ദ്രസാരം മഹാശൌര്യദൂരം ൂര പ്രചാര സിന്ധുരാജാതിധീരം ഭജേ മാർഗന്ധു ശിവ ശംഭോ മഹാദേവേശംഭോ ശംഭോ മഹാദേവദി സുദിനസ്സന് സന്തുരാമയാേ ഭദ്രാണി പശ്യോ മാ കിത് ദുഃഖഭവേത് യ മമാത്മാവസി മ തോ നമചിസ്തിയപേഷ്ടുരുമാത്മനം ഭോവിന്ദന സങ്കീർത്തനം ഹര നമു പാർവതീ പതേ ഹര ഹര മഹാദേ